വൃക്ഷം വരുഷസ്വജാത്തെ തയോരന്യ പിപ്പലം സ്വാദ്വർത്തി അനശന്നന്യോ അഭിജാഗീതി സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ അനീഷയാോചതി മുഹ്യമാന ജുഷ്ടം യഥാ പശ്യമീശം അസ മഹിമാനമിതി വീതശോക വേലയിരിക്കുന്നവനെ കാണുമ്പോ അവന്റെ മഹിമ ഭഗവാനെ കാണുമ്പോ ജീവൻ സ്വതന്ത്രനായിട്ട് തീരുന്നുവന് അപ്പോ ആ ആദി വൃക്ഷമായിട്ട് ഭഗവാനെവിടെ സ്തുതിക്കാണ് തിവൃക്ഷമേ സ്വരൂപമായിട്ടുള്ളവനാണ് അവിടുന്ന് ഈ ജഗത്ത് മുഴുവൻ അങ്ങയിൽ നിന്നും പൊന്തി വരുന്നു അങ്ങയിൽ നിൽക്കുന്നു അങ്ങയിൽ തന്നെ ലയിക്കുന്നു അറിവുള്ളവര് ഇവിടെ ഒരേ ഒരു വസ്തുവിനെ കാണുന്നുള്ളൂ അറിവില്ലാത്തവരോ നാനാപശ്യന്തി നാനാപശ്യന്തി നാനാപശ്യന്തി പലതും കാണുന്നു ഒന്നാണ് അറിവുള്ളവരോ നാ ഇവിടെ വാക്കു വച്ചുകൊണ്ടൊന്ന് കളിച്ച് തമാശ പറഞ്ഞു അറിവുള്ളവര് മാമാ പശ്യന്തി മാ പശ്യന്തി നാനാത്വം കാണുന്നില്ല അപ്പോ ചോദിച്ചു അത്ര എന്റെ മാമാവും കാണുമോ എന്നാണ് കംസ അയാളെ പോലെയുള്ളവര് കാണില്ലയാണ് അറിവില്ലാത്തവരോ ത്വന്മായ ആ സംവൃതചേതസം പശ്യന്തി നാനാ ന അറിവുള്ളവരോ നാനാത്വം കാണുന്നില്ല അറിവുള്ളവര് ജഗത്തിനെ മുഴുവൻ ഏകവും മധ്വയവുമായ ഒരേ ബ്രഹ്മത്തിന്റെ സ്വരൂപമായിട്ട് കാണും अनेक നാമരൂപങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ നാമരൂപങ്ങളൊക്കെ എടുത്തു നമ്മളുടെ മുമ്പിൽ പ്രകാശിക്കുന്നത് ഒരേ പരമാത്മാവ് തന്നെയാണ് ബിപർഷിരൂപാണി അവബോധ ആത്മാ ക്ഷേമാലോകസ്യ ചരാചര സത്വോപന്നി സുഖാവഹാണി സതാമഭദ്രാണി മുഹുഖലാനം ഭഗവാൻ അവതരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ അവബോധാത്മാ അവബോധസ്വരൂപമായ ആത്മവസ്തു എന്തിനു രൂപം ധരിക്കണം എന്ന് വെച്ചാൽ സതാ സത്വോപന്നാനി സുഖാവഹാനി സജ്ജനങ്ങൾക്ക് സുഖം കൊടുക്കണം അത്ര കൃഷ്ണൻ വന്ന് കളിച്ച് രസിച്ച് ആടിയതുകൊണ്ടല്ലേ നമ്മൾ ഇന്നൊക്കെ ചെയ്യുന്നത് കൃഷ്ണൻ വന്നില്ലായിരുന്നുവെങ്കിൽ വീരാബായി പാടില്ല ചൈതന്യ മഹാപ്രഭു പാടില്ല നമുക്ക് പൂന്താനും ഇല്ല ഗുരുവായൂരപ്പനും ഇല്ല ഗുരൂരമ്മയും ഇല്ല നാരായണവും ഇല്ല ഭാഗവതവും ഇല്ല ഒന്നുമില്ല നമ്മൾ എന്ത് ചെയ്യും കൃഷ്ണാവതാരമില്ലായിരുന്നുവെങ്കിൽ നമുക്ക് സംഗീതവും ഇല്ല ഓരിയിടുന്ന പോലെ കുറുക്കൻ ഓരിയിടുന്ന പോലെ ഒരു പാട്ടുണ്ടാവും കർണാടക സംഗീതം എവിടുന്നു വരും കൃഷ്ണാവതാരമോ രാമാവതാരമോ ഇല്ലെങ്കിൽ ഈ രണ്ടവതാരം ഇത് രണ്ടും എടുത്തു കളഞ്ഞാൽ പിന്നെ എന്തുണ്ട് നമ്മുടെ ഹിന്ദുമതത്തിലെ കലകളൊക്കെ വളരാനായിട്ടും സജ്ജനങ്ങൾക്ക് സുഖിക്കാനായിട്ടുമൊക്കെ ഇവിടെ എന്തുണ്ടോ ചേടെ മുറുക്കെല്ലാം ഇവിടെ തിന്നുവോ സജ്ജനാനാം സദാം സത്വോപന്നാനി സുഖാവഹാനി സജ്ജനങ്ങൾക്ക് സത്വഗുണത്തിന്റെ സുഖം കൊടുക്കാനായിട്ട് ആനന്ദം കൊടുക്കാനായിട്ട് ഖലാനാം ദുഷ്ടന്മാർക്കോ അഭദ്രാണി മുഹുഖലം ദുഷ്ടന്മാർക്ക് അവർക്ക് ഭയപ്പെടുത്താനായിട്ടും എന്താന്ന് വെച്ചാൽ അവർക്ക് ഭയപ്പെടുത്തി മുക്തി ഇവർക്ക് സുഖം കൊടുത്ത് മുക്തി അത്രയേ ഉള്ളൂ രണ്ടുപേർക്കും മുക്തിയാണ് ഭഗവാന് രണ്ടുപേരോടും വിരോധമൊന്നുമില്ല നീ കണ്ണൂരിട്ട് കാണിച്ചാൽ ഞാനും കണ്ണൂരിട്ട് കാണിക്കും നീ ചിരിച്ചാൽ ഞാനും ചിരിക്കും ഭഗവാൻ കണ്ണാടി പോലെയാണെ അപ്പൊ ഖലന്മാരെ കണ്ണൂരിട്ടി കാണിച്ചാൽ ഭഗവാനും കണ്ണൂരിട്ട് കാണിക്കും ഇവരോ സ്നേഹത്തോട് പറഞ്ഞാൽ ഭഗവാൻ സ്നേഹേ യഥാമാം പ്രപദ്ധ്യന്റെ താൻ സദൈവ ഭജാമ്യം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം കളിയാണ് ജീവിതം നമ്മളൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണു ജീവിതത്തിന് ഭക്തൻ ജീവിതത്തിന് യഥാർത്ഥ ഭക്തൻ സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ല വിവേകാനന്ദ അമേരിക്കയിൽ പോയപ്പോ കുറെ കുട്ടികളുടെ കൂടെ ഒക്കെ കളിച്ചു അത്ര അപ്പൊ അവിടുത്തെ ഒരു പാതിരി സ്വാമിയുടെ വളരെ കൂട്ടുകാരനായ ഒരു പാതിരി സ്വാമിയോട് പറഞ്ഞു സ്വാമി യു ആർ എ റെലീജിയസ് പേഴ്സൺ യു ഷുഡ് നോട്ട് ലോഫ് ലൈക്ക് ദിസ് നിങ്ങളൊരു മതത്തിന്റെ ആചാര്യനാണ് നിങ്ങളെങ്ങനെ കളിച്ച് ജീവിച്ചൊന്നും ചെയ്യാൻ പാടില്ല വളരെ സീരിയസ് ആയിട്ടിരിക്കണം സ്വാമി പറഞ്ഞു ഇതാണ് അവർക്ക് മതത്തിനെ കുറിച്ചുള്ള ഐഡിയ എപ്പോഴും വളരെ സീരിയസ് ആയിട്ട് ഒരു കറുത്ത കാറുമേഖൻ തല മുഖത്തെങ്ങനെ പൊന്തി കിടക്കണം അപ്പൊ സ്വാമി പറഞ്ഞത് വി ആർ ഓൾ ചിൽഡ്രൻ ഓഫ് ഇമോർട്ടാലിറ്റി അമൃതാനന്ദത്തിന്റെ അരുമക്കിടാങ്ങളാണ് ശിശുക്കളാണ് ഞങ്ങൾ എന്തിനു സീരിയസ് ആയിട്ടിരിക്കണം ആനന്ദമായി കളിക്കാനല്ലേ ജീവിതം ഇത് ലീലയാണ് ലോകവത്ത് ലീലാ കൈവല്യം ി ലോകം ഭഗവാന്റെ ലീലയാണ് ക്രീഡാർത്ഥം സൃജസി പ്രപഞ്ചമഖിലം ക്രീഡാമൃഗസ്തേ ജനാ ഇത് തന്നെ ഒരു ക്രീഡയാണ് അപ്പൊ ഭഗവാൻ കളിക്കാനാണ് ദുഷ്ടന്മാരോടും കളിക്കും സജ്ജനങ്ങളോടും കളിക്കും അപ്പോ അങ്ങനെ ഭക്തന്മാര് ഭഗവാനെ സമാധിന ആവേശിതേതസഹ ത് ഭഗവാൻ എങ്ങനെ കാണുന്നു സമാധി ചക്ഷസ്തു കൊണ്ട് ധ്യാനം കൊണ്ട് ആനന്ദം കൊണ്ട് കാണുന്നു അവർ കണ്ട് അനുഭവിച്ചു കഴിഞ്ഞാലോ ബാക്കിയുള്ളവർക്കൊക്കെ തങ്ങൾ അനുഭവിച്ച് വഴിയിൽ വെച്ച് മാർഗം കാണിച്ചിട്ടും പോകുന്നു ഭവത് പദാംബോരുഹ നാവം അത്രത്തെ നിധായ അവരനുഭവിച്ചതൊക്കെ അവര് രാമകൃഷ്ണദേവൻ പറയും രണ്ടുപേർ രണ്ടു തരത്തിലുള്ള ആളുകൾ ഉണ്ടെന്നാണ് ചിലർ പായസം കഴിച്ച് നല്ലവണ്ണം തുടച്ചിട്ട് ആരെടുത്തും പറയാതെ പോകും ചിലര് കിട്ടിയാൽ സകലവരെയും വിളിച്ച് വിളം പോകുന്നതാണ് ഉം അനുഭവിക്കുന്നവരും രണ്ടു തരത്തിലാണ് അനുഭവിച്ച മിണ്ടില്ല ചിലരും ഏകാന്തത്തിൽ എവിടെയെങ്കിലും ഇരുന്ന് കളയും പക്ഷെ തായ്വാന സ്വാമികൾ ഞാൻ അതിനു പാട്ട് പാടിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നു എനിക്കും അടങ്ങിയിരിക്കാൻ വയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ എങ്ങനെ ആനന്ദിക്കുമ്പോ എങ്ങനെ അടങ്ങിയിരിക്കും വിളിച്ചു കൊടുക്ക വിളിച്ചു കൊടുക്ക അഖണ്ഡാകാരം ശിവഭോഗ പേരുമ്പ വെള്ളം പൊങ്കി തതുമ്പിപ്പൂരണമായി ഏകഗുരുവായ് കിടക്കത് അയ്യോ ഇനിയെടുത്ത ദേഹം വിഴുമ്പുൻ പുഷിപ്പതർക്കു ചേരവാറും ജഗത്തേരെ കകം ഉറവ് കലന്ത് ഉന്ന കണ്ടീർ അഖണ്ഡാകാര ശിവാനുഭവ പേരിമ്പ വെള്ളം പൊങ്കി തതും വിപ്പൂരണമായി ഏകഗുരുവായി കിടക്കത് അയ്യോ അയ്യോ എന്ന് വെച്ചാൽ എക്സ്ക്ലമേഷൻ ആനന്ദമാണ് ആനന്ദം കൊണ്ട് വിളിക്കുകയാണ് ആനന്ദം കൊണ്ട് അദ്ദേഹം പറയുന്നു അഖണ്ഡാകാര ശിവാനുഭവ പേരിമ്പ വെള്ളം ആനന്ദത്തിന്റെ ഒരു ഫ്ലഡ് ഉള്ളിൽ ഏർപ്പെടുമ്പോ എങ്ങനെ ഞാൻ അടങ്ങിയിരിക്കുന്നു ഒരു കാക്കയ്ക്ക് നാല് വെറ്റിട്ടാൽ ഉള്ള കാക്കകളൊക്കെ വിളിക്കണു ഇതെനിക്ക് ആനന്ദം കിട്ടിയിരിക്കണു വിളിക്കാതിരിക്കുവോ വിളിച്ചുപോയി കൊടുക്കുക എല്ലാവർക്കും കൊടുത്തിട്ട് പോകുന്നു ഭക്തന്മാര് എന്തിനെ കൊടുക്കുന്നു ഭക്തിയെ കൊടുക്കണം അതുകൊണ്ട് തമിഴിലെ ഭക്തന്മാർക്കൊരു പേരുണ്ട് വള്ളൽ എന്നാണ് വള്ളൽ വാരി വാരി കൊടുക്കണം നാമത്തിനെ കൊടുക്കുന്നു ഭക്തിയെ കൊടുക്കുന്നു അവരനുഭവിച്ച് ആനന്ദത്തിന് പങ്കുവെക്കണം അങ്ങനെ കൊടുത്തിട്ട് പോകുന്നു ഭക്തന്മാർ ണ്ടല്ലോ ഏന്യേ അരവിന്ദാക്ഷ വിമുക്തമാനി അസ്താവാത് അവിശുദ്ധ ബുദ്ധയ മുക്തിയിലൊരിക്കലും അഭിമാനം ഉണ്ടാവാനേ പറ്റില്ല അഭിമാനം എവിടെ ഉണ്ടോ ഞാൻ മുക്തൻ എന്ന അഭിമാനം ഉണ്ടെങ്കിൽ ആ അഭിമാനം തന്നെ ഇവരെ അത്യന്തം ക്ലേശിപ്പിക്കും മുക്തിക്ക് എങ്ങനെ അഭിമാന മുക്തനെങ്ങനെ അഭിമാന അഭിമാനത്തിന് നാശമാണ് മുക്തിയെ അക്ഷരമണമാലയിൽ രമണ മഹർഷിയോരടുത്ത് പറയുന്നു മാനം കൊണ്ട് ഉറുപവർ മാനത്തെ അഴിത്ത് അഭിമാനം ഇല്ലാതെ ഒളിർ അരുണാചല ഹേ അരുണാചല അഹങ്കാരം കൊണ്ട് അഭിമാനം കൊണ്ട് ഉള്ളിലിങ്ങനെ ഉറുത്തി ഉറുത്തി ഉറുത്തിക്കൊണ്ടിരിക്കുന്നവരുടെ മാനത്തിനെ പൂർണ്ണമായി നിശേഷമായി നീക്കി അഭിമാനമില്ലാത്ത ശുദ്ധ ചൈതന്യവസ്തുവായി ഹൃദയത്തിൽ പ്രകാശിക്കൂ ഭഗവാന് അപ്പോ അഭിമാനക്ഷയമാണല്ലോ സാക്ഷാത്കാരം തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ചിലർ പറയുന്നു ഞങ്ങൾ വക്തന്മാരായി എന്ന് പറയുകയാണെങ്കിൽ അഭിമാനവാചകമായിട്ട് പറയുകയാണെങ്കിൽ എന്നാൽ ചിലരൊക്കെ പറഞ്ഞിട്ടില്ലേ വേദാഹേതം പുരുഷം മഹാന്തം ആദിത്യവണ്ണം തമസ വേദത്തിലെ ഋഷികളെന്ന് പറയുന്നു അപ്പൊ അവരൊക്കെ അവിശുദ്ധ ബുദ്ധികളാണോ എന്ന് വെച്ചാൽ ഭഗവാനെ അനുഭവിക്കും മുക്തോഹം കഥാജിത് ബോഹം എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ പറഞ്ഞത് എങ്ങനെ എന്ന് വച്ചാൽ അവർ ഭഗവത് സ്വരൂപമായി തന്നെ ഇരുന്നു കൊണ്ട് പറയുകയാണ് അല്ലാതെ ശരീരാഭിമാനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മുക്തന്മാരെന്നാരെങ്കിലുമൊക്കെ അഭിമാനിക്കുകയാണെങ്കിൽ ആ അഭിമാനം തന്നെ അവിശുദ്ധ ബുദ്ധയഹ അവരുടെ ബുദ്ധി ശുദ്ധമായിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് വിമുക്തമാണിനർക്ക് ഭക്തി ഉണ്ടാവില്ല അവർക്ക് ഭക്തി എങ്ങനെ ഉണ്ടാവും ഭക്തിയെ പരിഹാസം ചെയ്യും എന്താന്ന് വെച്ചാൽ ഭക്തി ഉണ്ടാവില്ലേ അവർക്ക് അസ്തഭാവാത് അവിശുദ്ധ ബുദ്ധയ അവര് എത്രയൊക്കെ യോഗസാധനകളും കഠിനമായി പരിശ്രമിക്കലും ഒക്കെ ചെയ്താലും ഒരു തലത്തിൽ എത്തിയ ശേഷം പതന്തി ചുവട്ടിലേക്ക് വീഴുന്നു എന്താ ഈ അഹങ്കാരം പിന്നെയും പിന്നെയും ബാക്കി നിന്നുകൊണ്ടേയിരിക്കുവെ ഈ ചെയ്യുന്ന ആളവിടെ നിൽക്കും അവസാനം എല്ലാം കഴിഞ്ഞ് ശരണാഗതി ചെയ്യണം ഒരിടത്ത് ഭാഗവതത്തിൽ വരുന്നു ആയുധം കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ആയുധത്തിനെ എടുത്ത് കളയണം അതുപോലെ അ്രം എന്നാണ് അസ്ത്രത്തിനെ വിടുക അതായത് എന്താ ഈ വ്യക്തിബോധത്തിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ തപസ്സ ചെയ്യുന്നതും സാധന ചെയ്യുന്നതും ഭക്തി ചെയ്യുന്നതും ഒക്കെ പക്ഷെ അവസാനം എന്തുവേണം ഈ സാധന ചെയ്യുന്ന ആളെ ഭഗവാന് കൊടുക്കണം ശരണാഗതി ചെയ്യണം അല്ലാതെ സാധന ചെയ്യുന്നവൻ ബാക്കി നിന്ന കുഴപ്പമാണ് ചിലർക്ക് പറയും ഞങ്ങൾക്ക് പഞ്ചസാര ആകണ്ട പഞ്ചസാര തിന്നാൽ മതിയെന്ന് പഞ്ചസാര തിന്നുകൊണ്ടേ എന്നാൽ വരും പഞ്ചസാരയ്ക്ക് ഡയബറ്റീസ് വരില്ല പഞ്ചസാര തിന്നുകൊണ്ടേ ഡയബറ്റീസ് വരും അപ്പൊ പഞ്ചസാര മാറി നിൽക്കാൻ സാധ്യമല്ല ഇതിൽ അഹങ്കാരം ബലമായി നിൽക്കും മാറി നിൽക്കാനേ സാധ്യമല്ല ബ്രഹ്മവിദ്യയിൽ അത് അങ്ങോട്ട് ഇല്ലാതായിട്ട് തീരാനും അങ്ങോട്ട് അതിലേക്ക് വീണില്ലാതാവാതെ താൻ പ്രത്യേകം നിന്നുകൊണ്ട് ഞാൻ മുക്തനാണെന്നോ ജ്ഞാനിയാണെന്നോ ഭക്തനാണെന്നോ ഒന്നും അഭിമാനിക്കാൻ സാധ്യമല്ല ആര് ഞാൻ ഭക്തൻ അഭിമാനിക്കുന്നു അവന് ഭക്തി അത് ഞാൻ ഞാനി എന്ന് അഭിമാനിക്കുന്നു അവന് ഞാനി പറയാൻ പറ്റില്ല രാഗരാജസ്വാമികൾ പറയുന്നു ഒരു പാട്ടില് ആരോ ചോദിച്ചു അത്രേ രാ സ്വാമികളോട് ഭക്തിയെക്കുറിച്ച് ഭക്തിമാർഗം എന്താണെന്ന് പറഞ്ഞു തരൂ നമ്മളൊക്കെ ഭക്തിമാർഗ്ഗത്തിനെ കുറിച്ച് മണിക്കൂർ കണക്ക് പ്രഭാഷണം ചെയ്യുന്നു രാഗരാജസ്വാമികൾ പറയുന്നു തെലിയലേത്തു രാമ ഭക്തിമാർഗമെന്തോ ഹേ രാമ ഭക്തിമാർഗം എന്താണെന്ന് ഇവരൊക്കെ ചോദിക്കണു ഞാൻ എങ്ങനെ പറയും എനിക്ക് ഇത്ര കാലമായി ഒരു പിടിയും ഇല്ലാതാണ് കുറിച്ച് ഒരു പിടിയും അപ്പൊ ഭക്തൻ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഭക്തൻ എന്ന് പറയാൻ വയ്യാം എനിക്ക് ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനിനി പറയാൻ വയ്യാം ഉപനിഷത്തിലോട് അടുത്ത ഒരു ഋഷി പറയുന്നു നാഹംവേദ സുവേദേത്തി എനിക്കറിയാമെന്ന് പറയാൻ വയ്യ എന്നാ അറിയില്ല അറിയില്ലയെന്ന് പറയാൻ വയ്യ നൌനവേദയതി വേദച്ച നിങ്ങളുടെ പൂർവാചാര്യന്മാരൊക്കെ എങ്ങനെയാണ് അറിയുമെന്നും പറഞ്ഞില്ലേ അറിയില്ല എന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ ആളവിടെ നിൽക്കണ്ടേ അറിയുമെന്ന് ഒരാൾ അവിടെ വേണം അറിയില്ല എന്ന് പറയാനും ഒരാൾ വേണം ഈ ആൾ രണ്ടും കുഴപ്പമാണ് അപ്പോ പതന്തി അതോ അനാധൃത യുഷ്മയ ആ അനന്തമായ സർവേശ്വര ശക്തിയെ സർവജ്ഞനും സർവാന്തരിയാമിയുമായ ഭഗവാനെ ആദരിക്കാത്തത് കൊണ്ട് അഹങ്കാരത്തിന് തന്നെ വാസ്തവമെന്നും തന്റെ വ്യക്തിത്വത്തിന് വാസ്തവമെന്നും കരുതുന്നവർക്ക് ആത്യത്വികമായ ശാന്തി ഉണ്ടാവില്ല അവസാന എല്ലാ സാധനയും കഴിഞ്ഞ് ശരണാഗതി ചെയ്യണം എല്ലാ സാധനയും അവസാനിക്കണം യു ഹാവ് ടു ഡ്രോപ്പ് ഓൾ പ്രാക്ടീസസ് നമ്മുടെ മനുഷ്യർ എടുത്ത് പറയുന്നു പർപ്പസ് ഓഫ് ആൾ പ്രാക്ടീസസ് ഇസ് ടു ഡ്രോപ്പ് ഔൾ പ്രാക്ടീസസ് എന്താന്ന് വെച്ചാൽ വ്യക്തിബോധം നശിക്കണമെങ്കിൽ അസാണി ദുഃഖങ്ങൾ വിടണം ആയുധം ചോട്ടിൽ വെച്ച് അടങ്ങണം സർവധർമാൻ പരിജ്യം മാമേക്കം ശരണം വൃഗ അത് ചെയ്തിട്ടില്ലെങ്കിലോ ഈ അഹങ്കാരം അവിടെ നിന്ന് അത്യന്തം ദുഃഖിപ്പിക്കും അപ്പൊ ആ ദുഃഖം നീക്കണമെങ്കിൽ ഭക്തി ഭക്തി ഭക്തി ഭക്തി എന്താ ശരണാഗതി സർവത്തും വിട്ട് ത്വാമേവ ശരണം ഗതാ അങ്ങനെ ശരണാഗതി ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ നമ്മളുടെ സർവവും ഏറ്റെടുത്തുകൊള്ളും നമ്മളുടെ കാര്യം മുഴുവൻ ഏറ്റെടുത്തുകൊള്ളും എങ്ങനെ ഭഗവാനെ ബ്രഹ്മാതിദേവന്മാർ അത്ഭുതമായ ഒരു സ്തുതി കൊണ്ട് സ്തുതിക്കാണ് ഭഗവാൻ അവതരിച്ച് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്നു ശൃണ് സംസ്മരയൻ ശചിന്തയെന്ന് നാമാനിരൂപാണി ച മംഗളാനിത്തെ ക്രിയാസുയസ്വച്ഛരണാരവിന്ദയോ ആവിഷ്ടചേതൽ ദിഷ്യ ഹരെ സ്പദോഭു ദോപനീത ജന്മനേഷിതു ദിഷ്ടംകിതകൈസു ശോഭനൈ ദ്രക്ഷ്യമ ഗാമ്പ്യം ചവാനുക്കം നെ അഭവശ്യേഷണം വിനാ വിനോദം വദ തർക്കമഹേ ഭോ നിരോധ സ്ഥിതിരപ്രവിദ്യയാതസ്വയഭയശ്രയത്മനി സംസാരത്തിനെ നിരോധിക്കുന്ന പ്രഭു അവതരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മളുടെ ഒക്കെ സംസാരത്തിനെ നിരോധിക്കാനായിക്കൊണ്ടുതന്നെ जननमें नमक जनन इलाको भगवा कथ स्मो नाम जपचुंट कर्म अष्ठिका भागवत धर्म श्लोक निरूपण श्लोक ने व्याख्या भक्तन्द्र शिणवन् संस्मर चिंतन ना रूपाण मंगलानीते क्रियासु यहारारिंदयोह आविष्टेत भवाय कलपथ നിങ്ങളെ കർമ്മം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല കുടുംബം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല ജോലി വിട്ട് എവിടെയും പോകേണ്ട ആവശ്യമില്ല തീർത്ഥയാത്രയ്ക്ക് പോകേണ്ട അമ്പലത്തിലേക്ക് പോകേണ്ട പൂജ ചെയ്യേണ്ട ചെയ്യേണ്ടന്നല്ലോ ഇതൊന്നും പ്രധാനമല്ല പിന്നെ എന്താ നാമാണി രൂപാണിച്ച മംഗളാണിത്തെ സംസ്മരയെന്ന് ചിന്തയെന്ന് ഭഗവാന്റെ കഥകളെയൊക്കെ ഓർത്തുകൊണ്ട് ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ന്തരം ഉരുവിട്ടുകൊണ്ട് അവരവരുടെ കർമ്മരംഗത്തിൽ വർദ്ധിച്ചുകൂടാ ശരീരം കർമ്മം ചെയ്തോട്ടെ കർമ്മം ചെയ്തോട്ടെ കർമ്മം ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റില്ലേ അതുകൊണ്ട് കർമ്മം ചെയ്തോട്ടെ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ കർമ്മം സംഘമില്ലാതെ സംഘമില്ലാതിരിക്കാനുള്ള പരിശ്രമവും ഇല്ല ഭക്തി കൊണ്ട് മനസ്സൂറിക്കൊണ്ടോ ഇരിക്കും ദിവ്യരൂപത്തിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഭഗവാനിൽ ആവേശിച്ച ഭാവത്തോടു കൂടെ ആ ഒരു ലോകത്തിലെ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നുവോ ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്നുവോ അവർ യാതൊരു വിധത്തിലും ബന്ധിക്കപ്പെടില്ല എന്ന് മാത്രമല്ല സംസാരത്തിൽ നിന്നും സുലഭമായി വിമുഖ ഇതാണ് ഭാഗവത സമ്പ്രദായം ഇങ്ങനെ ഒരു ഭാഗവത സമ്പ്രദായം ഉണ്ടാക്കാനായിക്കൊണ്ടാണ് ഭഗവാൻ അവതരിച്ചത് ഭഗവാന്റെ അവതാരത്തിന്റെ പ്രയോജനമേ ഈ ഭാഗവതധർമ്മത്തിനെ പ്രകാശപ്പെടുത്തി നമുക്കൊക്കെ മാർഗം ലളിതമാക്കി തരാനായിട്ടാണ് വളരെ ലളിതമാക്കി തരാനായിട്ട് കർമ്മകലാപങ്ങള് ഒഴിഞ്ഞു പോകാൻ ഒരേ വഴി എന്താ കർത്തൃത്വത്തിന് നമ്മൾ പിടിക്കാതെ ഭഗവാന്റെ കയ്യിൽ കൊടുക്കണം എന്നിട്ടോ എന്ത് സാധന ഒരേ സാധന അതിന് മേലെ ഒരു സാധനയില്ല എന്താ നിരന്തര നാമസ്മരണം നിരന്തര നാമജപം ഭഗവാന്റെ ധ്യാനം അനുസന്ധാനം ഇടയ്ക്കിടയ്ക്ക് ഓർത്തോളം ഞാൻ കർത്താവല്ല കർത്താവ് ഭഗവാൻ ഞാൻ ഭോക്താവല്ല ഭോക്താവ് ഭഗവാൻ കർത്താവും ഭോക്താവുമായി ഭഗവാനിരിക്കുന്നു ഞാൻ വെറും യന്ത്രം കർത്തൃത്വം ഭോക്തൃത്വം ഏറ്റെടുക്കണില്ല അങ്ങനെ കൊടുക്കുകയാണെങ്കിലോ നവായ കൽപ്പത്തെ അവർക്ക് പുനർജനനം മരണം ഈ ബന്ധ ചക്രത്തിൽ കുടുങ്ങുകയേയില്ല ഇത്രയും പറഞ്ഞ് ബ്രഹ്മാവ് ദേവകിയെ വിളിച്ചു ദിഷ്ട്യാബദേ കുിഗതപ്പുമാലി അംശേന സാക്ഷാദ് ഭഗവാൻ ഭവായനഹ ൂത് ഭയം ഗുപ്തായ ദൂനാ ഭവിതവാ ജഗത്തിന് മുഴുവൻ പുതുമുത്തശ്ശനായിട്ടുള്ള പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവ് ദേവികി അമ്പ എന്ന് വിളിച്ചു അമ്മയെന്ന് വിളിച്ചു എന്താ ജഗത്പ്രഭുവായ ഭഗവാനെ ഗർഭത്തിൽ ധരിച്ചതുകൊണ്ട് ദിഷ്ട്യാ അമ്പത്തെ കുക്ഷിഗതാ പരഹുമാന് പരമപുരുഷൻ അമ്മയെ അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഇങ്ങനെ ഭഗവാൻ അവതാരത്തിന് കാലം തയ്യാറായി സർവുണോപേതാ തൃതീയസ്കന്ധ തൃതീയ അധ്യായ അഥ സർവഗുണോപേത കാല പരമശോഭന യർവാജല ജന്മക്ഷാത്തക്ഷഗ്രഹതാരകം ദിശ പ്രസേദുർഗണ നിഗണോദയം മഹീമംഗള ഭൂയിഷ്ടപുരഗ്രാമവ്രജാക നദ്യ പ്രസന്നലിളഹദശ്രിയ ളികുലസന്നദസ്റ്റബാമനരാജയ വവോവായുസുഖസ്പർശ പുണ്യഗന്ധമഹുചി അഗ്നയശ്ചാതീന ശാൻ തമന്ധത മനസ്യാസന്സന്നാധൂ നമസുര ജാമാനേ അജനെ തേർദുഭയോ ജഗുഃക്കിരഗിന്ദർ തുഷ്ടു സിദ്ധാരണ വിദ്യധര്യശ്ചു അപ്സോ സമം തജുർമുനയോ ദേവാമസി മുദവി മന്ദം മന്ദം ജലധരാ ജഗർജുനുസാഗര നിശീത്തെ തമ ഉദ്ൂടെ ജാമാന ജനർദ്യം ദൂപ്പണിയും വിഷു तमद्भुदं बालगमं ശയ ആവിരാസീത്യച്ചിശീന്ദുരിവ പുഷ്കലദ്ജക്ഷണതുർഭുജം ശംഖഗതാര്യുധം ശ്രീവത്സലക്ഷ്മലശോഭസ്തുതം പീതാദ്രോ സൗഭം മഹാർഹവൈഡൂര്യകിരീടകുന്തലപ്പിഷാവഷസഹസ്രകുന്തല ഉദ്ദമകടാതിവിർവിചമാനം വസുതവക്ഷ അതുണോ വേദകാഭനശോഭനമായ കാലം സജ്ജനങ്ങൾക്കൊക്കെ ശമന്ദമുരതി ശ്രദ്ധാസമാധാനം ുത്വം മുതലായിട്ടുള്ള സർവഗുണങ്ങളും അവരുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നു സത്വഗുണം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അജന ജന്മ ൃക്ഷം അജനൻ ഭഗവാൻ അജനജന്മ ബ്രഹ്മാവ് ജനനമില്ലാത്തവന് ജനിച്ചവൻ ബ്രഹ്മാവ് അജനജന്മാവായ ബ്രഹ്മാവന്റെ വൃക്ഷം നക്ഷത്രം രോഹിണി നക്ഷത്രം ആ രോഹിണി നക്ഷത്രത്തിൽ ഭഗവാൻ ജനിക്കാൻ ജനിക്കാൻ തയ്യാറായി തീരുമാനമായി അജന ജന്മക്ഷം ഭഗവാനൊക്കെ ആകുമ്പോൾ ഏത് നക്ഷത്രമാണെന്ന് സെലക്ട് ചെയ്യാം അല്ലേ ശരിക്കും ജനിക്കണം അല്ലാതെ നക്ഷത്രം നോക്കി എന്താ പറയാ ഓപ്പറേഷൻ ചെയ്ത് എടുക്കാൻ പാടില്ല ഭഗവാൻ തീരുമാനിച്ച് ഗർഭത്തിലായി പ്രവേശിച്ചു രോഹിണി നക്ഷത്രം നോക്കി ഏർഹ്യേവ അജനജന്മക്ഷം ശാന്തർഗ്രഹതാരകം ആകാശമൊക്കെ അങ്ങനെ തെളിഞ്ഞു നിൽക്കാറ് ദിക്കുകളില് പ്രസന്നമായി കാറ്റുവീശുന്നു ദിശപ്രസേ ദുർഗനം നിർമ്മലോടു ഗണോദയം നക്ഷത്രങ്ങളൊക്കെ അങ്ങനെ വിരാജ ആകാശത്തിലങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ് മഹീമംഗളഭൂയിഷ്ടപുര ഗ്രാമവ്രജാകരപുരം ഗ്രാമം വ്രജം ആകരം പുരം എന്ന് വെച്ചാൽ മഥുരാപുരി ഗ്രാമം എന്ന് വെച്ചാൽ രണ്ടുഗ്രാമം വ്രജം ഗോകുലം ആകരം ദ്വാരക ഈ ദേശങ്ങളൊക്കെ തന്നെ മഹീ മംഗള ഭൂയിഷ്ട ഇതൊക്കെ മംഗളമാവാൻ പോവാണ് മംഗളഭൂയിഷ്ടമാവാൻ പോവാണ് മഹീ മംഗള ഭൂയിഷ്ട പുരഗ്രാമ വ്രാകര പ്രസന്ന സലിലാ ആകാരം ആകാരം ആകാരം എന്ന് വച്ചാൽ രത്നശേഖരം എന്നൊക്കെ അർത്ഥമുണ്ട് സമുദ്രത്തില് ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ടെങ്കിലും മഹാത്മാക്കൾ ഇങ്ങനെയാണ് വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് പുരഗ്രാമ വ്രാകര പ്രസന്ന സലിലാ നദികളൊക്കെ തെളിഞ്ഞു ജലത്തോടു കൂടി ഒഴുകുന്നു ഹൃദാ ജലരു സരസുകളിലൊക്കെ രാത്രി താമര വിരിഞ്ഞു എന്നാണ് ദ്വിജാ പക്ഷികളൊക്കെ രാത്രി ശബ്ദിക്കാതെ ചെന്ന് കൂട്ടിൽ കയറിയ പക്ഷികളൊക്കെ രാത്രി കീചി കൂച്ചി ഇത് വാതിരഹ് ചലച്ചോത്രേ പക്ഷികളൊക്കെ ദ്വിജാളികുല സന്നാദസ്തകരാജയ മുല്ലമുട്ടുകളൊക്കെ വിരിഞ്ഞു പുഷ്പങ്ങളൊക്കെ വിരിഞ്ഞു മഹി കാറ്റ് അങ്ങനെ മന്ദം മന്ദം അങ്ങനെ വീശി മാരുതൻ വായു സുഖസ്പർശ പുണ്യഗന്ധം സുഗന്ധം വഹിച്ചുകൊണ്ട് കാറ്റ് വീശി അഗ്നയസ് അഗ്നിഹോത്രികളായിട്ടുള്ള ബ്രാഹ്മണരുടെ വീട്ടിലെ ഔപാസനാഗ്നികളൊക്കെ തനിയെ ഉത്ഥാനം ചെയ്തു രാത്രിയാവുമ്പോ ഒക്കെ അങ്ങനെ കടലു മാത്രമായിട്ട് നിൽക്കുന്ന അഗ്നിയൊക്കെ യജ്ഞപുരുഷനായി ഭഗവാൻ അവതരിക്കുമ്പോൾ അഗ്നികളൊക്കെ അങ്ങനെ ഉണർന്നു സമിന്ധ മനാംസി ആസന് പ്രസന്നാനീ സാധൂനാം പരിത്രണായ സാധൂനാമാണല്ലോ അവതാർ അപ്പോ ധ്യാനത്തിനിരിക്കുന്ന സാധുക്കളുടെ ചിത്രമൊക്കെ തെളിഞ്ഞ് ധ്യാനത്തിൽ ഏർപ്പെട്ടു സാധൂണാം അസുരഗ്രുഹാം ജായമാനെ അജനേ ജനിക്കാത്തവനായ ഭഗവാൻ ജനിക്കാൻ തയ്യാറായപ്പോ ആകാശത്തിൽ ദുന്ദുഭിനാദം നേ ഇടിവെട്ടുന്നതൊക്കെ തന്നെ പോലെയും വാദ്യഘോഷങ്ങൾ മുഴക്കുന്ന പോലെയും തോന്നി ജഗുഹ് ഗന്ധർവന്മാരും കിന്നരന്മാരും സിദ്ധന്മാരും ചാരണന്മാരും സ്തുതിച്ചു വിദ്യാധരികൾ ലജ്ജയൂക്ക് വിട്ട് അപ്സരസ്ത്രീകളോടുകൂടെ ചെന്ന് നർത്തനം ചെയ്തു വിദ്യാധര്യു അപ്സറോഭിസ്രമം തഥാ മുമുസുർമുനയോ സുമി ദേവന്മാരും മുനികളും ആകാശത്തിൽ നിന്നും പുഷ്പം വൃഷ്ടിച്ചു സുമരാംസി മുദന്ധിതാഹ എവിടെ നിൽക്കോ വെള്ളം കുടിച്ച മേഘങ്ങള് നീലമേഘങ്ങൾ വന്ന് ആകാശത്തിൽ നിന്നും മഴ പെയ്യാൻ തയ്യാറായി ആചാര്യസ്വാമികൾ പറയുന്നു നിനന്ദസുധാരിനിധേരധിഗതീലമേഘ സതാ ഔത്കണ്ഠ്യബല പ്രഭഞ്ചനപരൈ ആകർഷിതോ വർഷത്തി വിജ്ഞാമൃതമദ്ഭുതം നിജവചോധാരാവിരാരാധിതം ചേതശാതകഞ്ചസി വൃഷാക്രാസിക്കും മനസാവുന്ന ചാതകമേ ഉറങ്ങിക്കിടക്കുകയാണോ ദാ ഒരു നീലമേഘം നിത്യാനന്ദസമുദ്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് സജ്ജനങ്ങളാകുന്ന ചാതക പക്ഷികൾ വീണ്ടും വീണ്ടും വിളിച്ചപ്പോ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള വിരഹതാപം കൊണ്ട് വിരഹം കൊണ്ട് ഉണ്ടായിട്ടുള്ള ആ പ്രപഞ്ചനൻ ആ വായു കൊണ്ട് വിളിക്കപ്പെട്ട മേഘങ്ങൾ ഇവിടെ വന്ന് മഴവർഷിക്കുന്നു അമൃതം ഇവിടെ ഭഗവാൻ ജനിക്കാൻ തയ്യാറായപ്പോ വിജ്ഞാനാമൃതം വർഷിക്കുന്ന ആ നീലമേഘങ്ങള് അതേപോലെ ഇവിടെ ആകാശത്തിൽ കാർമേഘങ്ങൾ അങ്ങനെ വന്ന് നിറഞ്ഞു ഒരേ കൂരിട്ട് നിശീദേ തമബുദ്ധൂതേ ജനാർദ്ദനേ ജനാർദ്ദനൻ അവതരിക്കുമ്പോൾ ഇരുട്ടാണ് ഹരാ ജനാർദ്ദനൻ എന്നുവച്ചാൽ ജന മായ ജനയത്തി ഇതി ജന ജനാം അർദ്ദയത്തി ജനാർദ്ദന എന്നൊരർത്ഥം മായയെ ഇല്ലാതാക്കുന്നവൻ മായയെ നീക്കുന്നവൻ മായയെ അവസാനിപ്പിക്കുന്നവൻ എന്നൊക്കെ ജനാർദ്ദനപഥത്തിന് ഒരർത്ഥം മറ്റു പല അർത്ഥങ്ങളുമുണ്ട് ജനാർദ്ദനൻ ജനിക്കാൻ തയ്യാറായപ്പോൾ ആ ഇരുട്ടില് നിശീത്തെ തമവുദ്ഭൂത്തെ ആക്കുരാട്ടല്ലേ ജനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്ം ഭഗവത് അനുഭൂതിക്ക് മുമ്പ് ഒരു ആത്മാവിന്റെ താളരാത്രി എന്നൊക്കെ പറയും ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അതുപോലെ ഒരു ഇരുട്ടിവിടെ ഭഗവാൻ അവതരിക്കുന്നത് മുമ്പ് നിശീത്തെ തമബുദ്ഭൂതേ ജാ ജനാർദ്ദനെ ദേവരൂപിണിയായി ദേവകി ദേവക്യാം ദേവരൂപിണ്യം സർവഗുഹാശയ വിഷ്ണു എല്ലേയും ഹൃദയഗുഹയില് അന്തരാത്മാവായി ഹൃദയഗുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി എല്ലാവരുടെ ഹൃദയത്തിലും ആത്മാവായി പ്രകാശിക്കുന്ന ബ്രഹ്മം ദേവരൂപിണിയായി പ്രവേശിച്ചു സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന വിഷ്ണു ദേവകിയുടെ ഗർഭത്തിലൂടെ ആവിരാസീതിയഥ പ്രാച്യാദിശി ഇന്ദുരിവ പുഷ്കലാ കിഴക്കനിക്ക് അഷ്ടമി ദിവസത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചത് പോലെ ഭഗവാൻ അങ്ങനെ ആവിർഭവിച്ചു അദ്ഭുത ബാലകനായി ഭഗവാൻ മുമ്പിൽ പ്രകാശിക്കുന്നു അങ്ങനെ അവതരിച്ച് ഭഗവാനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പെരിയാം നാളെ കൃഷ്ണകഥ തുടർന്ന് കാണാം ഭഗവാന്റെ അവതാരം നമ്മളിവിടെ അല്പം പറഞ്ഞു വെച്ചു ഭഗവാനെ ഗർഭത്തിൽ ധരിച്ചു ജഗന്മംഗളമായ അച്യുതന്റെ അംശത്തിനെ വസുദേവരെ തന്നെ ഗുരുവായി കൽപ്പിച്ചുകൊണ്ട് തന്നിൽ സ്വീകരിച്ചു ആരെയാ സ്വീകരിച്ചത് സർവാത്മകം ആത്മഭൂതം എല്ലാവരുടെ ഹൃദയത്തിലും ആത്മാവായിട്ട് ഏതൊരു ഭഗവാൻ കുടികൊള്ളുന്നുവോ ഏത് ഭഗവാൻ സ്വയം ചിത്സ്വരൂപനായിട്ടിരിക്കുന്നുവോ അങ്ങനെയുള്ള ഭഗവാനെ തന്നിൽ ധരിച്ചു ദേവയ്ക്ക് വിറകിൽ അഗ്നി ഒളിഞ്ഞിരിക്കുന്ന പോലെ ആകാശത്തിൽ വ്യാപ്തി ഒളിഞ്ഞിരിക്കുന്ന പോലെ ജലത്തിൽ നനവ് ഒളിഞ്ഞിരിക്കുന്ന പോലെ സൂര്യചന്ദ്രന്മാരില് പ്രകാശം ഒളിഞ്ഞിരിക്കുന്ന പോലെ പുരുഷനിൽ പൌരുഷം എന്ന പോലെ ബുദ്ധിമാന്മാരിൽ ബുദ്ധിശക്തി എന്ന ഭക്തന്റെ ഹൃദയത്തിൽ ഭഗവാൻ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്നു അതിൽ ലയിച്ചു ചേർന്ന് ഹൃദയത്തിൽ ഭഗവാൻ എവിടെ അവസാനിക്കും ഭക്തൻ എവിടെ ആരംഭിക്കും ഭക്തൻ എവിടെ അവസാനിക്കും ഭഗവാൻ എവിടെ ആരംഭിക്കും എന്ന് പറയാനൊക്കല്ല ഭക്തൻ ഭഗവാന്റെ നിവാസസ്ഥാനമാണ് കേശവചരചന്ദ്ര വിദ്യാസാഗർ രാമകൃഷ്ണ പരമവംസരോട് ചോദിച്ചു ഭഗവാനെ എവിടെ കാണാൻ സാധിക്കും അപ്പോ രാമകൃഷ്ണ പരമവംസര് പറഞ്ഞു അങ്ങ് വലിയ പണക്കാരനാണ് നല്ല പാണ്ഡിത്യമുള്ള ആളാണ് അങ്ങേ കാണാനായിട്ട് ആളുകൾ വരുമ്പോ അങ്ങയെ കാണണമെങ്കിൽ എവിടെ വന്ന് കാണും അങ്ങയുടെ ഡ്രോയിങ് റൂമിൽ വന്ന് കാണും അതുപോലെ ഭക്തന്റെ ഹൃദയം എന്ന് പറയണത് ഭഗവാന്റെ ഡ്രോയിംഗ് റൂമാണ് विसीट्सू भक्त हृदय भगवान अर्वजगनिवास निवासभूत जगति मुद्दे भगवान्धिष्ठानमो जगन्नाथनो आगन्नाथ ने निवान स्थानी देवकी അങ്ങനെ ഗർഭത്തിൽ പ്രവേശിച്ച ഭഗവാനെ ദേവാദികൾ വന്ന് സ്തുതിച്ചതും നമ്മൾ പറഞ്ഞു സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യ യോനിം നിഹിതം ചത്യേ സത്യ സത്യം ഋതസത്യ നേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന ഭഗവാൻ സത്യസ്വരൂപനാണ് എന്നുള്ളതും സത്യം എന്നുവച്ചാൽ ബ്രഹ്മത്തിന്റെ ലക്ഷണമാണെന്നുള്ളതും നമ്മൾ പറഞ്ഞു ഭഗവാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു രൂപം ധരിച്ചു വരികയാണ് അതിനാണല്ലോ അവതാരം എന്ന് പറയുന്നത് അവതാരം എന്ന് വെച്ചാൽ തന്നെ ഇറങ്ങി വരിക നാമരൂപരഹിതമായ ബ്രഹ്മവസ്തു സ്വേച്ഛോപാത്ത പൃഥക്വപുഹു തന്റെ സ്വേച്ഛയാ ഒരു പ്രത്യേക രൂപം ധരിച്ചു വരുന്നു അതിന്റെ ഉദ്ദേശം എന്താ എന്തൊരു അവതരിക്കണം നിവ തണ മനോമചോഭ്യയവർത്മന ദക്രിയാന്യതാമൂപന്മകേ തവ സാക്ഷിണ നമുക്ക് ഒരു നാമം ൂപ്പം കിട്ടിയിട്ടുണ്ട് വീണ്ടും ജന്മങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോഴൊക്കെ പുതിയ പുതിയ നാമരൂപങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു കാരണമെന്താ നാമരൂപത്തില് നമുക്ക് ധാരാളം നല്ലവണ്ണ ആസക്തി ഉണ്ട് നാമരൂപങ്ങളിലുള്ള ആസക്തി കാരണം പുറം വിഷയങ്ങളെ ഉള്ളിൽ കയറ്റിവയ്ക്കുന്നു അതിനോടുള്ള ആസക്തി കാരണം ഈ സൂക്ഷ്മ അജ്ഞാനം ബാക്കി നിൽക്കുന്നു ജനനത്തിനും മരണത്തിനും കാരണം അജ്ഞാനമാണ് അജ്ഞാനമുണ്ടോ പുനർജന്മുണ്ട് അജ്ഞാനമുണ്ടോ ജീവഭാവനയുണ്ട് ഞാനൊരു ജീവനാണെന്നുള്ള ഭാവനയുണ്ട് വീണ്ടും ജനിക്കും വീണ്ടും ജനിച്ചാലോ വീണ്ടും കർമ്മം ചെയ്യും കർമ്മം ചെയ്യും തോറും വാസനകൾ പ്രബലപ്പെടും നാമരൂപങ്ങൾ ഉള്ളില് കടന്നുകൂടും വിഷയങ്ങള് കടന്നുകൂടും അപ്പോൾ വാസനകൾ ബലമാവും വാസന ബലമായാലോ വീണ്ടും കാമ്യകർമ്മം ഇതിങ്ങനെ ഒരു ചക്രം നിൽക്കാതെ ചുറ്റുന്ന ചക്രം അതുകൊണ്ടാണ് പുനരഭി ജനനം പുനരഭിമരണം അപ്പൊ ഭഗവാൻ ഇപ്പൊ ജനിക്കുന്നതും അങ്ങനെയാണോ പൂർവ്വജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ടാണോ ഭഗവാന്റെ ജന്മം എന്ന് വെച്ചാൽ അങ്ങനെയല്ല അങ്ങനെ ഭഗവാന് ജന്മത്തിന് ഒരു കാരണം നിരൂപണം ചെയ്യാൻ സാധ്യമല്ല അങ്ങനെ നിരൂപണം ചെയ്യുകയാണെങ്കിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ അവതാരത്തിന് കാരുണ്യം എന്ന കാരണം വേറെ ഒന്നും പറയാൻ പറ്റില്ല കാരുണ്യം ഭക്തവാത്സല്യം എന്ന കാരണമല്ലാതെ മറ്റൊന്നും പറയാൻ സാധ്യമല്ല അപ്പൊ ഭഗവാന്റെ അവതാരത്തിനും ഭഗവാൻ നമ്മളുടെ മുമ്പിൽ വരുന്നതിനും ഒക്കെ തന്നെ ഇതൊരൊറ്റ കാരണമേയുള്ളൂ നമുക്ക് ഭവോ നമ്മളുടെ സംസാരത്തിനെ നിരോധം ചെയ്യാനായിട്ട് മാത്രമല്ല ഭഗവാൻ ജനിച്ച് ഇവിടെ അനേക ലീലകൾ ചെയ്യുമ്പോൾ നമുക്ക് സ്മരിക്കാനുള്ള കഥകൾ ഭക്തി ചെയ്യാനുള്ള മാർഗം കിട്ടുന്നു ശൃവൻ ഗൃണൻ സംസ്മരയൻ ശചിന്തയൻ നാമാനിരൂപാണിച്ച മംഗളാനിതേ ലോകത്തിലൊക്കെ ധാരാളം നാമരൂപങ്ങളുണ്ട് ലോകത്തിലുള്ള നാമരൂപങ്ങളൊക്കെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഉള്ളിൽ വിഷയവാസനകൾ പതിയും പക്ഷെ ഭഗവാന്റെ നാമമോ രൂപമോ ഉള്ളിൽ ചെല്ലുമ്പോൾ ഉള്ളിലുള്ള വിഷയവാസനകൾ നീങ്ങും രണ്ടു നാമരൂപം തന്നെയാണ് അതാണ് മംഗളാനീ മംഗളമായ ഭഗവാന്റെ നാമം രൂപം ഭഗവാന്റെ നാമം രൂപം എന്ന് വെച്ചാൽ എന്താ ജ്ഞാനികളുടെ നാമരൂപവും ഇതിന്റെ കൂടെ ചേർക്കണം നാരദ മഹർഷി തന്റെ കഥ പറയുമ്പോ പറയുന്നുണ്ട് നാമം ജപിക്കുമ്പോ നമ്മളൊക്കെ നാമജപം ചെയ്തു നാമജപം ചെയ്യുന്നതിനോടൊപ്പം നാമജപം ആലംബമാണ് ആശ്രയമാണ് അതായത് अग्निकुंडम आ कुंड अग्नि नाम जप अधान जपम चोप वाय जप मनु अधाने असंधान ना अस्य हतत्रपट गुह्या भद्राणी कृता स्मर നമ്മളുടെ വിഷയം ഭാഗവത ദർശനമാണ് ഭാഗവത ദർശനം എന്ന് വെച്ചാലോ ഭാഗവതത്തിലൂടെ നമുക്ക് എങ്ങനെ ഭക്തി സമ്പാദിക്കാം ഭഗവാനെങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം അതിനുള്ള മാർഗമാണ് നമ്മൾ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കണോ അപ്പൊ നാമം ജപിക്കുന്നു നാമം ജപിക്കുമ്പോ എന്താ ചെയ്യപ്പെട്ടെന്ന് ലജ്ജയില്ലാതെ ഉറക്കെ നാമസങ്കീർത്തനം നാമജപന്തനും മൂന്ന് വിധത്തിലുണ്ട് ഉറക്കെ സങ്കീർത്തനം ചെയ്യലുണ്ട് മനസ്സിനെ എളുപ്പത്തിൽ ജയിക്കാനുള്ള മാർഗമാണ് ഉറക്ക ഉള്ള സങ്കീർത്തനം ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ച് മാറും ചിലർക്ക് ഉറക്കെ സങ്കീർത്തനം ചെയ്യുക ഉറക്കെ വർത്തമാനം പറയുന്ന സ്വഭാവമേ ഉണ്ടാവില്ല അപ്പൊ അവർക്ക് അവര് പലപ്പോഴും മാനസീജപം മനസ്സുകൊണ്ട് ജപം ചെയ്യും ചിലർ വാക്കുകൊണ്ട് മാത്രം ജപം ചെയ്യും ഉത്തമ സ്തവാ ഉച്ഛമന്ത ചിത്തജം ജപ ധ്യാനം ഉത്തമം സ്തവം ഉറക്കെ എല്ലാവരും കേൾക്കുന്ന രീതിയിൽ സങ്കീർത്തനമുണ്ട് ചുണ്ടു മാത്രം അനക്കിയുള്ള ജപമുണ്ട് മനസ്സുകൊണ്ട് മാത്രമുള്ള ജപം പക്ഷേ ഈ ജപം ചെയ്യുമ്പോൾ ജപത്തിനോടൊപ്പം ചെയ്യാവുന്ന മറ്റു സാധന അനുസന്ധാനം കോണ്ടംപ്ലേഷൻ എന്തിനനുസന്ധാനം ചെയ്യും ഗുഹ്യാനി ഭസ്മരൻ നാരദൻ പറഞ്ഞു നാരദ മഹർഷി താൻ ചെയ്ത സാധനയാണ് പറഞ്ഞത് അല്ലാതെ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യൂ എന്ന് താൻ ചെയ്തതിനെ നമ്മളോട് പറഞ്ഞു നാമം വായനാമും ജപിച്ചുകൊണ്ടിരിക്കുമ്പോ ഗുഹ്യാനി സ്മരന് ഭദ്രാണി സ്മരന് കൃതാനി സ്മരണ് ചിലപ്പോ ഗുഹ്യാനി ചിലപ്പോ ഭദ്രാണി ചിലപ്പോൾ കൃതാനി എന്താ ഈ ഗുഹ്യാനി എന്താണ് ഭദ്രാണി എന്താണ് ഈ കൃതാനി ജപം ചെയ്യുമ്പോൾ മൂന്നെണ്ണം നമ്മൾ ഇത് ഓർമ്മ വെച്ചാൽ മതിയോ നാമം ജപിക്കുമ്പോൾ നാളെ മുതൽ നമ്മൾ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ഈ മൂന്ന് വാക്ക് ഓർമ്മ വയ്ക്കുക അങ്ങനെയല്ല ഗുഹ്യം എന്നുവെച്ചാൽ ആത്മതത്വം എന്നർത്ഥം ഗുഹായാം സ്ഥിതം അതായത് നാമം ജപിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആത്മവിചാരം ചെയ്യുന്നു എന്നുവെച്ചാലോ പല വിധത്തിലും ആകാം അത് ഈ കാണുന്ന ജഗത്ത് മുഴുവൻ ബ്രഹ്മസ്വരൂപമാണ് കാണുന്ന നാമരൂപങ്ങളൊക്കെ തന്നെ പരമാത്മാവിന്റെ സ്വരൂപമാണ് ഞാൻ ഏതൊരു പരമാത്മാവിന്റെ ഭഗവാന്റെ നാമം ജപിക്കുന്നു ആ ഭഗവാൻ തന്നെയാണ് എന്റെ ഉള്ളിലും ആത്മാവായിട്ട് വർത്തിക്കുന്നത് സകല ചരാചരവും ആ ഭഗവാന്റെ സ്വരൂപമാണ് ഇങ്ങനെ സർവം ഖൽവിതം ബ്രഹ്മം എന്നുള്ള മഹാവാക്യത്തിന്റെ അർത്ഥവിചാരം ചെയ്യുന്നത് ഗുഹ്യാനി അതല്ലാതെ അക്ഷരബ്രഹ്മത്തിനെ ധ്യാനിക്കലു ആവാം അതായത് ജപം ചെയ്യുമ്പോഴേ ഈ ജപിക്കുന്ന ഞാൻ ആരാണ് ഈ ജപം ചെയ്യുന്ന ആൾ ആരാണ് ഞാൻ ജപിക്കുന്നു ഈ ഞാൻ ആരാണ് ഈ ഞാൻ എന്താണ് ജപശബ്ദം എവിടെ നിന്ന് പൊന്തി വരുന്നു ജപമൊക്കെ തന്നെ അവസാനം അജപാജപത്തിൽ ചെന്ന് അടങ്ങുമെന്നാണ് എല്ലാ ജപവും നമ്മളുടെ ഉള്ളിൽ അണുസ്യൂതം നടക്കുന്ന ഒരു ജപത്തിൽ ചെന്ന് ലയിക്കും നമ്മളുടെ ഉള്ളില് ജപമൊക്കെ തന്നെ മഹാനാദത്തില് സ്വനം ഒരു സ്വനം അണുസ്യൂതം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ധ്വനി ആ ധ്വനിയിൽ ചെന്ന് ഉള്ളില് ലയിക്കും ജപിക്കുന്നതൊക്കെ അപ്പോൾ ഈ ജപം എവിടെ നിന്ന് ഇങ്ങനെ രഹസ്യമായ ബ്രഹ്മവിദ്യാപദ്ധതി ആത്മവിചാര പദ്ധതി യോഗപദ്ധതി ഇതിനെയാണ് ഗുഹ്യാനി എന്ന് പറഞ്ഞത് ഏ ഞങ്ങൾക്ക് അതിലല്ല ഭക്തിയിലാണോ നമുക്ക് രുചി അപ്പൊ ഭഗവാന്റെ ഏതെങ്കിലും ഒരു ദിവ്യരൂപം നമുക്ക് ഇഷ്ടപ്പെട്ട ഭാവത്തിന് ഏത് രൂപത്തിലാണോ നമുക്ക് ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആ ഭാവത്തിന് അവരവരുടെ ഭാവം അവരവരുടെ ഹൃദയത്തിൽ വെച്ചോളൂ ഇത് തന്നെ എല്ലാവരും വേണം എന്നു മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കേണ്ട അവരവരുടെ ഭാവത്തില് ഏത് ദിവ്യരൂപം കാണുന്നു ആ ദിവ്യരൂപത്തിനെ ധ്യാനിക്കുക എന്നുള്ളത് ഭദ്രാണി ഇത് രണ്ടും കുറച്ചു ഏകാഗ്രപ്പെടുന്ന സമയത്തെ പറ്റുകയുള്ളൂ അല്ലാതെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ചെയ്യാവുന്നതൊന്നുണ്ട് പ്രകായതീനം അരവിന്ദലോചനം ഭാഗവതം തന്നെ പറയുന്നു ോചനം ഗാനം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോ കൃതാനിസ്മരൻ ഭഗവാന്റെ ലീലകൾ ഭഗവാൻ എന്തൊക്കെ ചെയ്തു ഭഗവാൻ എന്തൊക്കെ ലീലകളാടി ഭഗവാന്റെ ദിവ്യലീലകളെ മനസ്സിൽ ഇങ്ങനെ സ്മരിക്കുന്നു സാധുക്കളുടെ ചരിത്രത്തിനെയൊക്കെ സ്മരിക്കുന്നു ദിവ്യക്ഷേത്രങ്ങളെയൊക്കെ സ്മരിക്കും ഇത് കൃതാനിജസ്മരന് ഇങ്ങനെ മനസ്സിനും ഫുഡ് കൊടുത്തുകൊണ്ടേയിരിക്കണം മനസ്സിന് എന്താഹാരം മനസ്സല്ലെങ്കിൽ ലോകത്തിൽ മുഴുവൻ അലഞ്ഞു നടക്കും ഈ അലഞ്ഞു നടക്കുന്ന മനസ്സിനെ ഭഗവത് തത്വത്തിൽ ഭഗവത് വിഷയത്തിൽ രമിപ്പിക്കണം മനസ്സ് ശുഭമായ വഴിയിൽ കൂടിയും സഞ്ചരിക്കും അശുഭമായ വഴിയിൽ കൂടിയും സഞ്ചരിക്കും ഈച്ച മധുരപലഹാരത്തിലും ഇരിക്കും മലത്തിലും ഇരിക്കും തേൻവെണ്ടായി കഴിഞ്ഞാലോ പുഷ്പത്തിലെ തേനു മാത്രമേ കുടിക്കുകയുള്ളൂ അത് അത് ഡിച്ചിൽ പോയി ഇരിക്കില്ല അപ്പോൾ മനസ്സ് തേൻവെണ്ടായിത്തീരുന്നവരെ അത് ഈച്ചയായിട്ടിരിക്കുമ്പോ ബലം പ്രയോഗിച്ച് അശുഭമാർഗത്തിൽ നിന്ന് ശുഭമാർഗത്തിലേക്ക് കൊണ്ടുവരണം ശുഭാശുഭാഭ്യാം മാർഗാഭ്യാം മഹന്തീ വാസനാ സരി പ്രയത്നേന യോജനീയാ ശുഭേ പഥി അവിടെ എന്താ പൌരുഷം ഇച്ഛാശക്തിയോടുകൂടെ സത്സംഗത്തിലിരുത്തുന്നു കഥകൾ കേൾക്കുന്നു ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ധ്യാനിക്കുന്നു ഭഗവാനെ പൂജിക്കുന്നു നാമസങ്കീർത്തനം ചെയ്യുന്നു ഭക്തന്മാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു മനസ്സ് വളരെ ചപലമാവുമ്പോൾ നമുക്കൊന്നും പിടിച്ചു പിടിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ സാധുക്കളുടെ സംഘം സാധുക്കളുടെ സംഘത്തിൽ ചെന്നിരിക്കുകയാണ് അതാണ് പൃഥ്വി പറഞ്ഞത് ഭഗവാനെ എനിക്ക് ഒരു വരമേ വേണ്ടു സാധു സംഘം കിട്ടിക്കൊണ്ടേയിരിക്കണം സാധുക്കളുടെ സംഘം കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് സ്വർഗ്ഗം പോലും വേണ്ട ഭക്തന്മാരുടെ സംഘം കിട്ടട്ടെ ഭഗവത് കഥകൾ കേൾക്കാനുള്ള ഭാഗ്യ സിദ്ധിക്കട്ടെ ബ്രഹ്മവിചാരം ചെയ്യാനുള്ള ഭാഗ്യം സിദ്ധിച്ചുകൊണ്ടേയിരിക്കട്ടെ അതിന് അനുഗ്രഹിക്കാം എന്നാണ് അപ്പോ ഇത് മൂന്നും സാധനയാണ് നാമജപം എന്നുള്ളത് നിരന്തര സാധനം നിരന്തരം ജപിക്കുന്നു ജപിക്കുന്നതോടൊപ്പം കഥകൾ കേൾക്കുന്നു കഥകൾ പറയുന്നു കഥകൾ സ്മരിക്കുന്നു സ്മരിപ്പിക്കുന്നു കഥകളെ ചിന്തിക്കുന്നു എന്നിട്ടോ അവരവരുടെ കർമ്മം നിഷ്കാമ്യമായിട്ട് ചെയ്യുകയും ചെയ്യും ഇതാണ് ഭാഗവത സമ്പ്രദായം അതാണ് ഇന്നലെ ബ്രഹ്മാവ് പറഞ്ഞതും ശൃണ്വന്ന് ഗൃണന് സംസ്മരയിച്ച് ചിന്തയന്ന് നാമാനിച്ച് മംഗളാനിത്തെ എല്ലാത്തിനെയും ഓൾറൌണ്ട് ഡെവലപ്മെന്റാണ് ശരീരത്തിന് എന്താ പണി ശരീരത്തിന് ഭഗവാനെ പൂജിക്കുന്നു പൂജ എപ്പോഴും പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ല അവരവരുടെ കർമ്മത്തിനെയും ചെയ്തു ഏകനാഥസ്വാമികൾ ഭാഗവതം ഏകാദശ സ്കന്ധത്തിന് വ്യാഖ്യാനം ചെയ്യുമ്പോൾ ഏകനാഥസ്വാമി പറഞ്ഞു വീട് അടിച്ചു തെളിച്ച് ആ കുപ്പയൊക്കെ പെറുക്കിക്കൊണ്ടുപോയി അവരവരുടെ വീട്ടിന് പുറകുവശത്ത് കൊണ്ടുപോയി നാരായണാർപ്പണം എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നിട്ടാൽ അതും പൂജയാണെന്ന് കാരണം എന്താ മനസ്സ് സ്മരിക്കുമ്പോ സ്മരണം മുഴുവൻ ഭഗവാനിലാണെങ്കിൽ ചെയ്യുന്ന കർമ്മമൊക്കെ തന്നെ ക്രിയാസുയസ്ത ശരണാറവിന്ദയോ ആവിഷ്ടചേതൽപത്തെ അല്ലാതെ കർമ്മം മുഴുവൻ വിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് നമുക്ക് പൂജയിലിരിക്കാൻ സാധ്യമല്ല സാധാരണ ഗൃഹസ്ഥന്മാർക്ക് സാധാരണ ഗൃഹസ്ഥന്മാർക്ക് മറ്റുള്ള ജോലികളും കാര്യങ്ങളും ഒക്കെ ഉള്ളു അപ്പൊ എന്താ ജോലികളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭഗവാനെ സ്മരിക്കാം പഠിപ്പിച്ചോളൂ വേണമെങ്കിൽ നോക്കിക്കോളാം ഒന്ന് ശ്രദ്ധിച്ചോളൂ നമ്മൾ ചെയ്യുന്ന ജോലികളിലൊക്കെ मन नाम जोल एत्रवल ऑफीसार मन बाकी अरभाग मन पे पल्ल ओडिक भगवान शरीर स्मरी पढ़िपी ध्यान पढ़िप्चे मन बाकी मनु क्यों बाकी मुखाभाग मन भगवानें ഒരു സന്യാസി ജനകമഹാരാജാവിനോട് ചോദിച്ചു അങ്ങ് ബ്രഹ്മനിഷ്ഠനാണെന്ന് എല്ലാവരും പറയുന്നുവല്ലോ അങ്ങേ ഞാനിതാ ചോദ്യം ചെയ്യുകയാണ് ഞങ്ങൾ സന്യാസികൾ ഞങ്ങൾക്ക് ചെയ്യാൻ കർമ്മമൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ ബ്രഹ്മധ്യാനം ചെയ്യണമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം പക്ഷെ അങ്ങ് രാജാവായി ഇത്രയധികം ചുമതലകൾ ചെയ്യേണ്ടിയിരിക്കുമ്പോൾ മനസ്സിനെ ഉപയോഗിക്കാതെ അങ്ങ് എങ്ങനെ പ്രവർത്തിക്കും അപ്പൊ അങ്ങ് എങ്ങനെ ഈശ്വരധ്യാനം ചെയ്യും എന്ന് ചോദിച്ചു അങ്ങനെ ജനകൻ പറഞ്ഞു ആട്ടെ നിങ്ങൾ ഈശ്വരധ്യാനം ചെയ്യുന്നതോട് മാത്രമാണോ ചെയ്യുന്നത് അപ്പൊ ആ സന്യാസി പറഞ്ഞു അല്ല അതോടൊപ്പം ഞങ്ങൾ കുറച്ച് ഭിക്ഷ വാങ്ങിക്കാനായിട്ട് കുറെ നടക്കും ഭിക്ഷയൊക്കെ കൊണ്ടുവരും അത്ര മാത്രമേ ഞങ്ങൾക്ക് ലോകവ്യവഹാരം വേണ്ടിയുള്ളൂ അതിന് വളരെ കുറച്ചു മനസ്സ് മതി എന്ന് പറഞ്ഞു അപ്പൊ ജനകൻ പറഞ്ഞു നിങ്ങൾ ഭിക്ഷ വാങ്ങിക്കാൻ പോകുന്നതിന് എത്ര മനസ്സുവേണോ നിങ്ങളുടെ സന്യാസധർമ്മത്തിന്റെ നിത്യാനുഷ്ഠാനങ്ങൾക്ക് എത്ര മനസ്സുപയോഗിക്കുന്നു അത്രയും മനസ്സുണ്ടെങ്കിൽ ഞാൻ രാജ്യം ഭരിച്ചോളൂന്ന് ബാക്കിയുള്ള മനസ്സ് മുഴുവൻ എനിക്ക് ഭഗവാനിലാണ് ദേഹത്തിലില്ല എന്നാണ് അപ്പോ ഭാഗവത സമ്പ്രദായവും ഇതാണ് ഭഗവാന് മനസ്സിനെ കൊടുക്കാം ശരീരം ലോകത്തിൽ പ്രവർത്തിക്കട്ടെ ശരീരം ലോകത്തിലെ പ്രവർത്തിക്കട്ടെ എന്ന് വെച്ചാൽ പ്രവർത്തിക്കണം എന്ന് ആർക്കെങ്കിലും ശരീരത്തിനെയും മുഴുവനും ഭഗവാൻ അർപ്പിക്കാൻ കഴിയുമെങ്കിൽ നല്ലത് പക്ഷെ സാധ്യമല്ല എന്നുള്ളത് തന്നെ നിബദ്ധസ്വേന കർമ്മണ ഭഗവാൻ ഗീതയിൽ പറയുന്നു അർജുന താൻ ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചാലും കർമ്മം ഉപേക്ഷിക്കാൻ സാധ്യമല്ല നീ ജനിക്കുമ്പോ തന്നെ കർമ്മത്തോടു കൂടെ ജനിച്ചിരിക്കണം അപ്പൊ എങ്ങനെ ഉപേക്ഷിക്കും കർത്തും നേച്ചസിൻമോത് കരിഷ്യസി അവശോപിതാണ് തനിക്ക് വാസന ഉള്ളത് കൊണ്ട് ഞാൻ ഇനി കർമ്മം ചെയ്യില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പോലും താൻ ഓടി എവിടെ പോയാലും ഏത് മലയിൽ പോയാലും ഞാൻ കർമ്മം ചെയ്യും തന്റെ വാസനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കും അതുകൊണ്ട് ചെയ്യുന്ന കർമ്മം നിഷ്കാമ്യമായിട്ട് ചെയ്ത് ഭഗവത് ഭജനം ശീലമാക്കിയെടുക്കാം കർത്തൃത്വ ബുദ്ധി ഉള്ളെന്ന് നീക്കാം ഭഗവാന് ശരണാഗതി ചെയ്ത് ഭഗവാന്റെ ദാസനാണ് ഞാൻ ഭഗവാന്റെ കയ്യിൽ ഒരു യന്ത്രം മാത്രമാണ് എന്നുള്ള ഭാവം ഉള്ളിലുണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഭാഗവത ധർമ്മം എത്ര എളുപ്പം എത്ര എളുപ്പം ഭക്തി എത്ര സുലഭം ആർക്കും ചെയ്യാവുന്ന സാധന ഒരാളെയും ഇതിൽ നിന്ന് പുറന്തള്ളിയില്ല ആർക്കും ആളാണെങ്കിലും വേണ്ടില്ല ഭക്തിക്ക് ഒരു നിയമവും രാമകൃഷ്ണ പരമവംശ് പറഞ്ഞു കൽക്കട്ടയിലെ ജാതി മതങ്ങളെക്കുറിച്ചൊക്കെ ബഹളം നടക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ കേശവചന്ദ്രസേനോട് പറഞ്ഞു നിങ്ങൾ ബഹളം കൂട്ടിയത് ഈ ജാതി വ്യത്യാസം ഒന്നും പോവില്ല നിങ്ങളത് തലേ നിന്ന് വരട്ടെ കാലിൽ പോവും കാലിൽ നിന്ന് വരട്ടെ തലയ്ക്ക് വരും ചില സോക്കേട് പോലെയാണ് നിങ്ങളിപ്പോൾ ജാതിയും മതവും ഒക്കെ ഇപ്പൊ നമ്മൾ എന്ത് കാണുന്നു രാഷ്ട്രീയത്തിന്റെ പേരിൽ തല്ല് അല്ലേ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞ ആളുകൾ ചണ്ട കൂടും ചണ്ട കൂടാൻ ജാതിയും മതവും ഒന്നുമല്ല കാരണം മനുഷ്യന്റെ ഉള്ളിലുള്ള രാഗവും ദ്വേഷവുമാണ് അപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു രണ്ട് ജാതിയെ നമുക്കുള്ളൂ ലോകത്തില് എന്താ ജാതി എന്ന് വെച്ചാൽ ഭക്തി ഉള്ളവര് ഭക്തി ഇല്ലാത്തവര് ഭക്തി ഇല്ലാത്തവൻ ഏത് ജാതിയിൽ ആയിക്കോട്ടെ അവന് ദൂരത്തൊന്ന് നമസ്കരിക്കാം അയാളോടും വെറുപ്പുള്ള വിദ്വേഷമൊന്നുമില്ല ഇതൊക്കെ സംഗ്രഹമാണ് നമുക്ക് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ലോകത്തിൽ വ്യവഹരിച്ചുകൊണ്ട് തന്നെ മനസ്സ് ഭഗവാന് അർപ്പിക്കുന്നു മനസ്സിന് ഭഗവാന് കൊടുക്കുന്നു ശിവാനന്ദ ലഹരിയിൽ ആചാര്യസ്വാമി പറയുന്നു ഭഗവാനെ ഞാൻ അങ്ങക്ക് എന്തു തരും അങ്ങേയുടെ അടുത്ത് ഇല്ലാത്തത് എന്താ ഉള്ളത് ഞാൻ തരാനായിട്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഭഗവാന് ഇല്ലാത്തൊരു സാധനം ഉണ്ട് മനസ്സ് അതുകൊണ്ട് ഭവതർത്ഥം മമ മനഹ എന്നാണ് അങ്ങക്കായിക്കൊണ്ട് ഞാനിതാ ഒരു പുതിയ പ്രസന്റേഷൻ തരുന്നു ആളുകൾക്ക് നമ്മൾ പ്രസന്റേഷൻ കൊടുക്കുമ്പോഴേ സൂക്ഷിച്ചു കൊടുക്കണം അവർക്ക് എന്താ വേണ്ടത് എന്ന് അറിഞ്ഞ്